അവൻ പറഞ്ഞു എന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ അധികാരം നിങ്ങളുടെ നികുതിയേക്കാൾ ഉത്തമമാണ് അതിനാൽ നിങ്ങൾ എന്നെ ശക്തിയോടെ സഹായിക്കുക ഞാൻ നിങ്ങൾക്കും അവർക്കുമിടയിൽ ഒരു തടവിരമ്പ് നിർമ്മിക്കാം